സത്യവിശ്വാസികളെ വിശ്വാസിനികൾ ഹിജറ ചെയ്ത് നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ നിങ്ങൾ പരീക്ഷിക്കുക അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു സുബഹാനുഹൂവറ്റാല ആണ് ഏറ്റവും നന്നായി അറിയുന്നത് അവർ വിശ്വാസിനികളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ നിങ്ങൾ സത്യനിഷേധികളുടെ അടുത്തേക്ക് തിരിച്ചയക്കരുത് അവർ അവർക്കനുവദനീയരല്ല അവരും അവർക്ക് അനുവദനീയരല്ല അവർ ചിലവഴിച്ചത് നിങ്ങൾ അവർക്ക് അവരുടെ മഹർ നിങ്ങൾ നൽകിയാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല സത്യനിഷേധികളായ സ്ത്രീകളുടെ കരാറുകളിൽ നിങ്ങൾ മുറുകെ പിടിക്കരുത് നിങ്ങൾ ചിലവഴിച്ചത് നിങ്ങൾ ചോദിച്ചു വാങ്ങുക അവർ ചിലവഴിച്ചത് അവർ ചോദിച്ചു വാങ്ങട്ടെ ഇതാണ് അള്ളാഹുസുബഹാനഹുവചായലായുടെ വിധി അവൻ നിങ്ങൾക്കിടയിൽ വിധി നടത്തുന്നു അല്ലാഹുസുബഹാനഹുവചായാല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്